മഹത്തത്വം അഹങ്കാരം അഞ്ച് തന്മാത്രകള് പഞ്ചഭൂതങ്ങള് മനസ് ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം ഇങ്ങനെ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് തത്വങ്ങൾ ഇരുപത്തഞ്ചാമത്തത് പുരുഷൻ ഇതിൽ പുരുഷൻ വേറെ ഇരുപത്തഞ്ച് തത്വങ്ങൾ വേറെ എന്നറിഞ്ഞാൽ പ്രകൃതി പുരുഷ വിവേചനം അതായത് ഇതിനൊന്നും ഇങ്ങനെ പിരിക്കേണ്ട ആവശ്യമില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ കുറച്ച് സുന്ദരമായിട്ട് ഗീതയിലെ പറഞ്ഞു പഞ്ചഭൂതങ്ങൾ അഗ്നിർ പ്രകൃ പൃഥി വായുരാകാശം ആപോഗ്നി ചന്ദ്രമാ രവി അല്ല ഭൂമിരാപോ അനലോ വായുഹു ഖമ്മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടദ അഷ്ടതാപ്രകൃതി നമ്മൾക്ക് അറിയണ അഷ്ടതാ പ്രകൃതി എന്ന് വെച്ചാൽ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ചിന്തിക്കുക വികാരപ്പെടുക അഹങ്കരിക്കുക ഇതൊക്കെ കൂടി ചേർന്ന് തന്നെയാണ് പ്രകൃതി ഇതിന്റെയൊക്കെ ഭാവങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളും തന്മാത്രകളും ഒക്കെ നമ്മളുടെ അനുഭവമണ്ഡലത്തിലുള്ളതൊക്കെ പ്രകൃതിയാണ് കാണുക എന്നുള്ളത് മടക്കുക എന്നുള്ളത് ഭൂമി രുചിക്കുക വെള്ളം കാണുക അഗ്നി കേൾക്കുക ആകാശം സ്പർശിക്കാന്നുള്ളത് വായു അതിലഹങ്കാരം ഇങ്ങനെ പ്രകൃതിയിലുള്ള ഭൂതങ്ങളൊക്കെ തന്നെ ഇന്ദ്രിയങ്ങളെ ഓരോരോ ഇന്ദ്രിയങ്ങളെയും കാണിക്കണു അതിന്റെ മഹത്വം അഹങ്കാരമാണ് അത് ലയിക്കുന്നിടം മൂലപ്രകൃതി സൂക്ഷ്മ ശരീരം ഇതൊക്കെ പ്രകൃതിയാണ് ഇതിൽ നിന്നൊക്കെ വേർപെട്ട് ഇതിനൊക്കെ ചേതന കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ പുരുഷൻ അതറിഞ്ഞാൽ പ്രകൃതി പുരുഷ വിവേചനമായി ഇതിനൊക്കെ ഏറ്റവും എളുപ്പമായ മാർഗം പ്രകൃതി പുരുഷ വിവേചനത്തിന് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒക്കെ അനുഭവ മണ്ഡലത്തിൽ ഒരേ ഒരു വസ്തു തികച്ചും വ്യത്യസ്തമായിട്ടിരിക്കും ബാക്കി എല്ലാ അനുഭവത്തിൽ നിന്നും അതെന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും ആ ഒരു വിചാരമില്ലാതെ ആ ഒരു അനുഭവം ഇല്ലാതെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ഒന്നും അനുഭവിക്കാൻ പറ്റില്ല എല്ലാത്തിന് പുറകിലും ഞാൻ ഉണ്ട് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് ഉണ്ട് അതില്ലാതെ ഒന്നും സാധ്യല്ല എല്ലാത്തിലും ഞാൻ എന്നുള്ളതും എന്ത് വികാരം വരണമെങ്കിലും ഞാൻ എന്നുള്ള വികാരത്തിനെ കൂടാതെ വരാൻ പറ്റില്ല പ്രഥമ വികാരോ ഭവത്യഹങ്കാര മഹത്വത്വം മൂലപ്രകൃതിയൊക്കെ അവിടെ നിൽക്കട്ടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വഴിയാണ് എന്ത് വിചാരത്തിന് പുറകിലും മാറാതെ നിൽക്കണ ഒരു വികാരമുണ്ട് ഞാൻ എന്നുള്ള വികാരം അപ്പോ ഈ ഞാൻ എന്നുള്ള വികാരം എന്താണ് എന്തു വികാരം വന്നാലും കുറച്ചുകൊണ്ട് ഇതിലേക്ക് വരണം ദേഷ്യം വരണു ദേഷ്യം വന്നാൽ ആർക്ക് ദേഷ്യം വരണു നമ്മൾ സാധാരണ എന്തുകൊണ്ട് ദേഷ്യം വരണമെന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും ദേഷ്യത്തിനെയോ ഒരു വികാരത്തിനെയോ ഇല്ലാതാക്കാൻ പറ്റില്ല മനസ്സിന്റെ മണ്ഡലത്തിൽ ഒരിക്കലും എന്തുകൊണ്ടെന്നോ എങ്ങനെയെന്നോ ചോദിച്ചിട്ട് കാര്യമേ ഇല്ല എങ്ങനെ കോപം വരുന്നു എന്തുകൊണ്ട് വരുന്നു എന്നൊന്നും ചോദിച്ചാൽ ഒരിക്കലും പരിഹരിക്കാനേ പറ്റില്ല പ്രകൃതി ഈ ചോദ്യങ്ങൾക്കൊന്നും അടങ്ങിത്തരില്ല പ്രകൃതി ഒരേ ഒരു ചോദ്യത്തിനെ വഴങ്ങിത്തരുള്ളൂ ആർക്ക് വരണു കോപം വരുന്നു എന്തുകൊണ്ട് കോപം വരുന്നു ചോദിച്ചിട്ട് കാര്യമില്ല കോപം ആർക്ക് വരണു ചോദിക്കാം കോപം ആർക്ക് വരണു എനിക്ക് ദേഷ്യം വരണോ എനിക്ക് അപ്പൊ ഈ ദേഷ്യപ്പെടുന്ന എനിക്ക് ഞാൻ അങ്ങനെ നിൽക്കണു അപ്പൊ ഉടനെ ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്താണ് ദേഷ്യം എന്നുള്ള വികാരത്തിലുള്ള ശ്രദ്ധയെ മാറ്റിയിട്ട് ഈ ദേഷ്യപ്പെടുന്ന ഞാനിലേക്ക് എന്നിലേക്കല്ല ഞാനിലേക്ക് ആ ഞാനിലേക്ക് ശ്രദ്ധയെ തിരുപ്പണം തിരിക്കണം എന്നുള്ള വികാരത്തിനെ വിട്ടിട്ട് ദേഷ്യപ്പെടുന്ന ഞാൻ എനിക്ക് ദേഷ്യം ഈ ഞാൻ ഞാൻ എന്താണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ അതിനെ പിടിച്ചോണ്ട് നിൽക്കുക നല്ലവണ്ണം കോപം വരുമ്പോഴാണ് ഈ സാധനം ചെയ്യേണ്ടത് നല്ലവണ്ണം ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ കാമം വരുമ്പോ അസൂയ വരുമ്പോ ആർക്ക് വരുന്നു എനിക്ക് വരുന്നു എനിക്ക് അസൂയ വരുന്നു എനിക്ക് കാമം വരുന്നു എനിക്ക് കിട്ടണം എനിക്ക് എനിക്ക് എനിക്ക് എന്ന് തോന്നുമ്പോ അതാണ് സ്ഫുരണം സ്ഫൂർത്തി പൾസേഷൻ സ്പന്ദനം ആ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ എന്ന പ്രഥമ ആ പ്രഥമ വന്നിട്ടാണ് ബാക്കിയുള്ള വികാരങ്ങളൊക്കെ വരിക പ്രഥമവികാരോ ഭവത്യഹങ്കാര ആ പ്രഥമ വികാരമായ അഹങ്കാരത്തിനെ പിടിക്കാം എന്തു വികാരം വന്നാലും ആർക്ക് വരണം എന്തിനു വന്നു എന്ന് ചോദിക്കരുത് എന്തുകൊണ്ട് എനിക്ക് കോപം വന്നു എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് കാര്യമില്ല കോപം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ വികാരം ഒരു വികാരത്തിനെ ഇനിയൊരു വികാരം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല അത് തൽക്കാലമാണ് അങ്ങനെ ഇല്ലാതാക്കിയാൽ അപ്പൊ ഈ വികാരം തന്നെ ആർക്ക് വരണു ഈ വികാരം എന്ന് പറയുന്നത് മനസ്സാണ് മനസ്സിന്റെ വേര് ഞാൻ എന്നുള്ള വികാരമാണ് ഞാൻ എന്നുള്ള വികാരമില്ലാതെ മനസ്സ് എന്ന് പറയുന്ന വൃക്ഷം പൊന്തില്ല അപ്പൊ ഈ ഞാൻ എന്നുള്ള വേര് അതെവിടുന്ന് പൊന്തുണു ഈ ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ ഞാൻ എന്ന് ആലോചിച്ചു നോക്കുമ്പോ വിചാരം ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ഉള്ളിൽ പോകുമ്പോ ഞാൻ എന്നുള്ളത് എവിടുന്ന് പൊന്തുണു എന്ന് നോക്കിയാൽ ഞാൻ എന്നുള്ള വികാരത്തോടുകൂടെ മനസ്സ് വിജുംഭണമാവുന്നതും അടങ്ങുന്നതും കാണാം മനസ്സ് വിജുംഭണമാവണതും ചെന്ന് ഒളിക്കണതും കാണാം ആ മനസ്സ് വിജമ്പണമാവുന്നതും ഒളിക്കണതും ഹൃദയസ്ഥാനത്ത് നിന്നാണ് ഹൃദയസ്ഥാനത്ത് നിന്ന് മനസ്സ് പൊന്തുണു ഹൃദയസ്ഥാനത്തിൽ ലയിക്കണു ആ പൊന്താനും ലയിക്കാനും ഒക്കെ മൂലകാരണം ഞാനെന്നുള്ള വികാരം ബോധപൂർവം അതിനെ അടക്കിക്കൊണ്ടേയിരുന്നാൽ ഈ പ്രഥമ വികാരമായ അഹങ്കാരവും ലയിക്കും അഹങ്കാരം പോകും എന്നിട്ട് അഹംബോധം പ്രകാശിക്കും ഈ അഹങ്കാരം എന്നുള്ളത് പ്രകൃതി അഹംബോധം പുരുഷൻ അഹങ്കാരം എന്നുള്ളത് പ്രകൃതി പ്രകൃതിയിലുള്ള അഹങ്കാരത്തിനെ പിടിച്ചാൽ അഹംബോധത്തിൽ ചെന്നെത്തും അഹംബോധം എന്നുള്ളത് പുരുഷൻ ഈ അഹങ്കാരമായ മഹത്വം മൂലപ്രകൃതിയായിട്ടുള്ള ആവരണത്തിൽ ലയിക്കും ക്രമേണ ആവരണവും ഇല്ലാതായിട്ട് തീരും ജാഗ്രത അവസ്ഥയിൽ രാഗദ്വേഷം നീക്കി വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടും ക്രമേണ വിഷയങ്ങളെയൊക്കെ വിലക്കിയ അവസ്ഥയും വന്നു കഴിഞ്ഞാൽ സുഷുപ്തിയിലുള്ള ഇരുളിന്റെ മറ മാറിക്കിട്ടും സുഷുപ്തിയിൽ ഇപ്പൊ അനുഭവിക്കുന്ന ഇരുട്ട് സുഷുപ്തിയിലൊന്നും ചെയ്യാൻ പറ്റില്ല ജാഗ്രത അവസ്ഥയിൽ സൂക്ഷ്മമായി ജീവിച്ചാൽ ജാഗ്രത അവസ്ഥയിൽ വാസനാക്ഷയം ഏർപ്പെട്ടുകൊണ്ടേയിരുന്നാൽ സുഷുപ്തിയിലെ അവസ്ഥയിലുള്ള ഇരുള് മൂലപ്രകൃതി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തം ആ ഇരുൾ അവിടുന്ന് മാറിക്കിട്ടും ആ ഇരുൾ അവിടുന്ന് മാറിക്കിട്ടിയാൽ പുരുഷൻ പ്രകാശിക്കും പുരുഷൻ പ്രകാശിക്കും അപ്പൊ ഈ അഹങ്കാരം എവിടുന്ന് പൊന്തുണു ഹൃദയത്തുനിന്ന് പൊന്തണു എന്ത് വികാരം വന്നാലും ഇതിലേക്ക് ചുരുക്കിക്കൊണ്ടുവരിക നമ്മളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾ നോക്കുക എന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നം ഈ കൊച്ചു ഞാനിന്റെ പ്രശ്നമാണ് ഈ കൊച്ചു ഞാനിനുള്ള പ്രശ്നമാണ് എനിക്ക് അപ്പൊ ഇതിനെ ആരാഞ്ഞ് നോക്കുക എന്നാണ് അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകലെ അകമേ പലതല്ല അതേകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു നാരായണഗുരുസ്വാമി ആത്മോപദേശ ശതകം ഗംഭീരമായിട്ട് വേദാന്തപരമായിട്ട് ഇതിനെ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ ഓരോ ജീവനും ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നു പറയാത്തവൻ ആരുമില്ല മനുഷ്യൻ മാത്രമല്ല സകല ജന്തുക്കളുടെ ഉള്ളിലും ഞാൻ എന്നുള്ള വികാരമുണ്ട് ആ വികാരത്തിന്റെ ഉണ്മയായ സ്വരൂപം എന്തെന്ന് ആരാഞ്ഞു നോക്കിയാൽ അത് അഹങ്കാരമല്ല അഹംപൊരു അഹംപൊരുളായ ആത്മാ അവിടെ ജ്വലിച്ചു നിൽക്കും അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ ആരാഞ്ഞു നോക്കുമ്പോ അഹമേ പലതല്ല അവിടെ പലതില്ല പലതൊക്കെ നീങ്ങി ഏകമാകും അകലുമഹന്ത അഹന്ത അവിടുന്ന് വിലകും നീങ്ങും അനേകമാകയാൽ ഈ അഹംപൊരുളും തുടർന്നിടുന്നു അഹംപൊരുൾ ആത്മ ബ്രഹ്മം അപ്പൊ അഹം പദാർത്ഥം ഈ അഹങ്കാരത്തോടുകൂടെ മനസ്സ് ഹൃദയത്തിൽ അടങ്ങുമ്പോ മനസ്സ് ഹൃദയത്തിൽ എവിടെ അടങ്ങിയോ ആ അടങ്ങിയ സ്ഥാനത്ത് തന്നെ മറ്റൊന്ന് പ്രകാശിക്കും മറ്റൊന്ന് പ്രകാശിക്കും അത് അഹങ്കാരമല്ല അഹംബോധം അത് അഹന്തയല്ല ബ്രഹ്മം ഈശ്വരൻ ജീവനല്ല ഈശ്വരൻ ഈശ്വരൻ അതേ സ്ഥാനത്ത് അവിടെ പ്രകാശിക്കും അപ്പോ പ്രകൃതിയെ മുഴുവൻ ഒഴിച്ചു മാറ്റാനുള്ള വഴി എന്താണോ പ്രകൃതിയുടെ വേരിനെ ചെന്ന് പിടിക്കണം ശാഖകളെ വെട്ടിയിട്ട് കാര്യമില്ല തടിയെ വെട്ടിയിട്ടും കാര്യമില്ല ഉറക്കമാണല്ലോ മൂലപ്രകൃതി ഉറക്കം വിട്ട് ഉണരുമ്പോ ആദ്യം പൊന്തുണതെന്താണോ നോക്കണം ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ നോക്കുക ദിവസം നമുക്ക് ആദ്യം ഏർപ്പെടുന്ന അനുഭവം ഞാൻ ഞാൻ എന്നുള്ള വികാരം പൊന്തി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ എപ്പോഴും ആദ്യത്തെ വിചാരം ശ്രദ്ധിക്കുക ഞാൻ പിന്നെ ഞാൻ എന്റെ വിചാരങ്ങൾ വികാരങ്ങൾ മനസ്സ് കുറച്ച് വിരിയും പിന്നെ ശരീരം പിന്നെ എവിടെ കിടക്കണമെന്നൊക്കെ അറിയാം മനസ്സ് പകുതി വിരിയുമ്പോ സ്വപ്നം നല്ലവണ്ണം വിരിഞ്ഞ ജാഗ്രത് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരും അപ്പോ മനസ്സ് വിരിയുന്നതിന് മുൻപ് ഏർപ്പെടുന്ന ആദ്യത്തെ മൊനമ്പ് മുള അഹങ്കാരമാണ് ആ അഹങ്കാരം പൊന്തിയിട്ടാണ് വാക്കൊക്കെ പൊന്തണത് അപ്പോ എളുപ്പത്തിൽ അടക്കാൻ അതാണ് പറഞ്ഞത് അഹങ്കാരം പോയാൽ ഈശ്വര സാക്ഷാത്കാരം പറയണതിന്റെ രഹസ്യം അതാണ് അഹങ്കാരം പോവാൻ വേറെ എന്താ വഴി ഒരു വഴിയുമില്ല അഹങ്കാരത്തിന് അന്വേഷിക്കണം അഹങ്കാരത്തിനെ അന്വേഷിക്കണം അത് ഇരുട്ടാണ് ഇരുട്ട് വെളിച്ചം കൊണ്ടേ പോകുള്ളൂ തെറ്റിദ്ധാരണ കൊണ്ട് താൻ പ്രത്യേകിച്ചൊരു വ്യക്തി കൊണ്ട് ഭ്രമം ഉണ്ടായിരിക്കണം മഹാവാക്യങ്ങളുടെ പൊരുൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കണം മഹാവാക്യത്തിന്റെ പൊരുൾ ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണെന്നൊരു അഭിമാന വൃത്തി അല്ലാതെ രൂപത്തിൽ ബ്രഹ്മം വർത്തിക്കുന്നു എന്നാണ് അറിയേണ്ടത് അതായത് ഈ ഞാനിന്റെ ഉണ്മ്മയായ സ്വരൂപം എന്തെന്ന് കണ്ടെത്തിയാൽ ബ്രഹ്മം പ്രകാശിക്കും അല്ലാതെ ഞാൻ ബ്രഹ്മം ബ്രഹ്മമേ അറിയില്ല പിന്നെ എങ്ങനെ ഞാൻ ബ്രഹ്മം പറയും അപ്പൊ ഞാൻ എന്താണ് ഞാൻ ഞാൻ എന്ന് സകലപ്രാണികളും പറയുന്നുണ്ടല്ലോ അതെന്താണ് യാതിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഹ ഭാതി സ്വത അചേതനാ Khamos, so ി പിതാർക്കിഭാം സ്ഫൂർത്തി സദാഭാവയൻ യോഗീ നിർവൃതമാനസോഹി ഗുരുരിത്യേഷാമനീഷാ മമ ആചാര്യസ്വാമികൾ പറഞ്ഞു സ്ഫൂർത്തിയെ സദാ പിടിച്ചുകൊണ്ടിരുന്നാൽ സ്ഫൂർത്തി എന്താണ് ഈ അഹങ്കാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ട് ആ വരുണത്തിനെ ഗ്രഹിച്ച് ഉള്ളിലാഴ്ന്നു മുങ്ങിയാൽ ഒരു കയറ് പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങണ പോലെ ഇതിനെ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ആഴ്ന്നു മുങ്ങിയാൽ കൂപേ യഥാ ഗാഠജലേ തഥാ അന്തർനിമജ്യ ബുദ്ധിയാശിതയാതാന്തം പ്രാണം ചാചം ചിയമ്യ ചിന്മൻ വിന്തേ നിജ അഹംകൃതി മൂലരൂപം ഭഗവാൻ രമണ മഹർഷിയുടെ സന്ദർശനത്തിന് നടുവിലുള്ള ശ്ലോകമാണ് കെനറ്റിൽ നഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ തെരയാൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഉള്ളില് മുങ്ങി അന്വേഷിക്കണ പോലെ ഉള്ളിലെ അന്വേഷിച്ചാൽ ഈ അഹങ്കൃതി മൂലരൂപം അഹങ്കാരത്തിന്റെ മൂലം എന്താണ് അഹങ്കാരം എവിടുന്ന് പൊന്തുണു അതിന്റെ സ്വരൂപം എന്താണ് അഹങ്കാരത്തിനെ നിഷേധിക്കേണ്ട അഹങ്കാരത്തിന്റെ സ്വരൂപം അറിഞ്ഞാൽ മതി അഹങ്കാരത്തിനെ നിഷേധിച്ചതുകൊണ്ട് അഹങ്കാരം ആർക്കും ഇല്ലാതാവില്ല വേറൊരു അഹങ്കാരമായിട്ട് അത് നിൽക്കും എനിക്ക് അഹങ്കാരമേ ഇല്ല എന്ന് തോന്നും എന്നെ വിനയമായിട്ടുള്ളവൻ ആരും എന്ന് തോന്നും അപ്പൊ അഹങ്കാരത്തിന് ഒരിക്കലും നിഷേധിക്കാനേ പാടില്ല തെറ്റിദ്ധാരണ കൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത് അതിന്റെ ഉണ്മയായ സ്വരൂപം കണ്ടെത്തിയാൽ ഇവിടെ അഹങ്കാരം എന്നൊന്നും ഉണ്ടായിട്ടേയില്ല അഖണ്ഡമായ ബോധവസ്തു മാത്രം ഈശ്വരൻ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊരു ജീവൻ ഇല്ല ഈശാവാസ്യം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടൊരു പ്രത്യേകിച്ചൊരു ഞാനിവിടെ ഇല്ല എന്ന് കണ്ടെത്തിയാൽ പ്രകൃതി പ്രകൃതിന്റെ പ്രകൃതിയുടെ പാട്ടില് പുരുഷൻ പുരുഷന്റെ പാട്ടില് ഇതിന് രണ്ടിനും അധിഷ്ഠാനമായ സത്യവസ്തു മാത്രം ഉണ്മ ഈ വിവേചനം ഒക്കെ ദ്വൈതം അതാണ് ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ എന്ന് പറഞ്ഞത് അപ്പൊ ഒന്ന് പ്രകൃതി പുരുഷന്ന് രണ്ടായപ്പോഴേ അബദ്ധം തുടങ്ങി അപ്പൊ ഇവിടെ പ്രകൃതിയും ഇല്ല പുരുഷനുമില്ല ആത്യന്തികമായ തലത്തിൽ ഇവിടെ പ്രകൃതിയില്ല പുരുഷനില്ല സർവ പ്രകൃതി പുരുഷ വിവേചനത്തിനും മൂലമായിട്ടുള്ള ഒരേ ഒരു വസ്തു ഇവിടെ അനേക വേഷം കെട്ടി കൂത്താടുന്നു ഇതറിഞ്ഞാലോ യാതൊരു പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് പിന്നെ ബാധിക്കില്ല എന്തൊക്കെ വന്നാലും ഓ ഇതൊക്കെ ഒരേ വസ്തു അനേക വേഷം അഹമേവ അസമേവാഗ്രേ നാന്യദ്യത്സതസത്പരം പശ്ചാത്തം യഥേതച്ഛയോ അവശിഷ്യേത സോസ്മേഹം എല്ലാ കാലത്തിലും എല്ലാ അനുഭവമണ്ഡലത്തിലും അതൊന്നേ ഉള്ളൂ പലത് തോന്ന തോന്നട്ടെ എന്തു വേണമെങ്കിൽ തോന്നട്ടെ വെറുതെ അർത്ഥം യത് പ്രതീയേത പ്രതീയേത ച ആത്മനി ആത്മതത്വത്തിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അർത്ഥമില്ലാതെ എന്തൊക്കെയോ കാണുന്നു ഒന്നും പൊരുളല്ല സ്വപ്നത്തിൽ പലത് കാണുന്ന പോലെ എന്തൊക്കെ കണ്ടാലും ശരി ഇതൊക്കെ ആ ഒരേ ഒരു പരമേശ്വരൻ അനേക വേഷം കെട്ടി കൂത്താടുകാണ് ഒരേ ഒരു സർവേശ്വരൻ അനേക വേഷം കെട്ടി കൂത്താടുകയാണെന്നറിഞ്ഞാൽ പ്രകൃതി ീൻ അജതേ പ്രകൃതിഗത ഗുണൗഗീൻ അജ്ജതേ പുരുഷോയം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഗുണങ്ങൾ കൊണ്ടൊന്നും ഇയാള് ബാധിക്കപ്പെടില്ല ആ പ്രകൃതിയെ ഇപ്പൊ തത്വജ്ഞാനം ഏർപ്പെട്ടാൽ തന്നെ ഇനിയിപ്പോ പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടായാലും ബാധിക്കപ്പെടില്ല തത്വജ്ഞാനം ഏർപ്പെട്ടാൽ അല്പസ്വല്പം ചിലപ്പോ കോപിക്കുകയൊക്കെ ചെയ്യും ദുർവാസാവിനെ പോലെ ശപിക്കുക ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആണെങ്കിലും ബാധിക്കപ്പെടില്ല പക്ഷെ അതും മാറിക്കിട്ടണമല്ലോ അല്ലെ തത്വജ്ഞാനം ഏർപ്പെട്ടിട്ട് കോപമൊക്കെ വന്നാലും കുഴപ്പമില്ല പക്ഷെ പോരാ ആ സ്വഭാവവും മാറിക്കിട്ടണമെങ്കിൽ എങ്ങനെ മാറിക്കിട്ടും വെച്ചാൽ മതനുഭജന തത്വാലോചനീ സാപ്യപേയാത് കപിലതനുരിത്വം ദേവഭൂത്യന്യദീ ഈ തത്വജ്ഞാനം ഉണ്ടായ ശേഷം ഇനി ഒരിക്കലും പോലും ഈ വാസനകളൊക്കെ എന്തിന് നിർത്തണം ഇനി കോപവും കുറച്ച് അസൂയുമൊക്കെ ഇനി വന്നാൽ എന്ത് അതൊക്കെ എങ്ങനെ പോകുമെന്ന് വെച്ചാൽ ഭഗവാനെ ഭജിക്കാം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ തൽക്കാല ഈശ്വരനെ ഒരു ഭേദബുദ്ധി കൽപ്പിച്ചാണെങ്കിൽ പോലും ഒരു കുഴപ്പവും ഇല്ല ഭഗവാനെ പ്രേമപൂർവം ഭജിക്കാം മത അനുഭജന തത്വാലോചന ഈ തത്വത്തിനെ ചിന്തിച്ചു നോക്കണം പ്രകൃതി വേറെ പുരുഷൻ വേറെ എന്നുള്ളത് ചിന്തിക്കണം എന്നിട്ട് പുരുഷനെ ഭജിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഭജിച്ച് ഭജിച്ച് ഭജിച്ച് ഈ പ്രകൃതി വിട്ടുപോകും ദഹ്യമാനാ അഹർനിശം ഈ ജ്ഞാനം ഉണ്ടായാൽ തന്നെ പ്രകൃതി ക്രമേണ ദഹിപ്പിക്കപ്പെടും നികീർണം അനലോയഥ ഉള്ളിലുള്ള അഗ്നി കഴിക്കുന്ന ആഹാരത്തിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യണ പോലെ ഉള്ളിലേർപ്പെട്ട ജ്ഞാനം ഉള്ളിലുള്ള വാസനകളെയൊക്കെ ക്രമേണ ഇല്ലാതാക്കി തീർക്കും എന്ന് കപില ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു എന്നിട്ട് യോഗസാധനകൾ അപ്പൊ കപില ഭഗവാന്റെ ഉപദേശം കേട്ട് ദേവഭൂതി അമ്മ പറഞ്ഞു എനിക്ക് ഈ തത്വം ഒന്നുകൂടെ ഉറപ്പിക്കണമെങ്കിൽ ആസനാക്ഷയം ഏർപ്പെടണമെങ്കിൽ യോഗം വേണമല്ലോ യോഗസാധന വേണമല്ലോ എന്ത് ചെയ്യും വിമലമതിരുപത്ത ആസനം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിതുലിതമാലം ശീലയേതാനു ശീലയേതാനുവേലം കപിലതനുരിത്വം ദേവഭൂത്യൈ ഞഗാദീ ഉപാത്തൈ ആസനാദ്ദീ വിമലമതി യമം നിയമം മുതലായിട്ടുള്ളതുകൊണ്ട് ചിത്തം ശുദ്ധമാവണം ആദ്യം എന്നിട്ടോ ആസനം പ്രാണായാമം മുതലായിട്ടുള്ളതൊക്കെ ശീലിച്ച് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ചിന്തിക്കണം സഞ്ചിന്തയേദ് ഭഗവത ശരണാരവിന്ദം വജ്രാങ്കുശ്വജ സരോരുഹലാഞ്ചനാട്യം ഭഗവാൻ ധ്യാനപദ്ധതിയെ പറഞ്ഞു കൊടുത്തു ഭഗവാനെ പ്രസന്നമായ മുഖത്തോടുകൂടെ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ധ്യാനിക്കാം അങ്ങനെ ധ്യാനിച്ച് ഭഗവത് സ്വരൂപം നല്ലവണ്ണം തെളിഞ്ഞു വരുന്നവരെ ധ്യാനിക്കാം അങ്ങനെ ഭഗവത് രൂപം പാദം മുതൽ ശിരസ് വരെ ശിരസ് മുതൽ പാദം വരെ അങ്ങനെ ധ്യാനിച്ച് ക്രമേണ ആ ദിവ്യരൂപവും ഹൃദയത്തില് അങ്ങനെ ആനന്ദിപ്പിച്ച് ആനന്ദിപ്പിച്ച് ആനന്ദിപ്പിച്ച് ആ രൂപം അവിടുന്ന് അറിയും മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമിർച്ചതിമനഹാ സഹസായഥാർത്ഥി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ ആ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സ് അതില് ലഹരി പിടിക്കട്ടെ അനന്തം അനുഭവിക്കട്ടെ മനസ്സിൽ ഈ ദിവ്യരൂപത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സ് അതല്ലാതെ ബാക്കിയുള്ളതിനൊക്കെ ഉപേക്ഷിക്കും ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ക്രമേണ ആ ദിവ്യരൂപം പ്രകാശമാത്രമായി അവശേഷിക്കും ആ പ്രകാശം സ്വരൂപത്തിൽ ലയിക്കും യോഗികളൊക്കെ ആത്യന്തികമായ തലത്തിൽ ഒരു ജ്യോതിസിന്റെ ദർശനം അനുഭവിക്കും ആ ജ്യോതിസ് അവരവരുടെ വാസനയ്ക്കനുസരിച്ച് പ്രത്യക്ഷപ്പെടുന്നു ചുവപ്പ് നിറത്തിലോ നീല നിറത്തിലോ വെളുത്ത നിറത്തിലോ സ്വർണവർണ്ണത്തിലോ ആ ജ്യോതിസ് പ്രകാശിക്കും രജോഗുണം ബാക്കിയുണ്ടെങ്കിൽ കുറെ ചുവപ്പ് നല്ല കുളിർമ്മയുള്ള ഹൃദയത്തിൽ നീല സാത്വികമായ ഹൃദയത്തിൽ സ്വർണ്ണവർണ്ണത്തിൽ ജ്ഞാനത്തിനോട് വളരെ അടുത്തു നിൽക്കുമ്പോൾ ശുഭ്രവർണത്തിൽ ഈ ജ്യോതിസ് ഹൃദയത്തിൽ പ്രകാശിക്കും ആ ജ്യോതിസും കൂടെ ആവുമ്പോൾ ഈ ദിവ്യരൂപവും അവിടെ മറഞ്ഞുപോവും അവസാനം ആ വെളിച്ചവും അവിടെ പോയി അല്പമൊരു ശൂന്യത പോലെ തോന്നും ഏഹ് ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ ഇത്ര നേരം എന്തിനോ കണ്ടിരുന്നു ഇപ്പൊ കാണണ വസ്തുക്കളൊക്കെ അറിയുമ്പോ അല്പം ഒരു ശൂന്യത പോലെ തോന്നും ആ ശൂന്യതയിൽ ഭ്രമിച്ചിരിക്കുമ്പോ സദ്ഗുരുവിന്റെ കൃപ ഗുരു പറയും ഈ ശൂന്യതയെ കാണുന്നവൻ ആര് എന്ന് ചോദിക്കും അപ്പൊ കാണുന്നവൻ അവിടെയും ഉണ്ട് ഈ ശൂന്യതാന്ന് വെറുതെ തോന്നുകയാണ് ശൂന്യതയെ ആരനുഭവിക്കണു അപ്പൊ ശുദ്ധമായ അനുഭവം അവിടെ കേവലാനുഭവ സ്വരൂപ പരമേശ്വര കേവലാനുഭവ സ്വരൂപനായ വസ്തു ആ ശൂന്യതയുള്ളത്തോളം ഒരു വ്യർത്ഥമായിട്ട് തോന്നും ആ ശൂന്യതയാണ് പലപ്പോഴും യോഗികള് ആത്യന്തികമായി ആത്മാവിന്റെ കാളരാത്രി എന്നൊക്കെ പറയണം ആത്യന്തികമായ ആത്മസാക്ഷാത്കാരം അതിന് ആ അവസ്ഥ എത്തിയിട്ട് ഇനിയിപ്പോ രൂപത്തിനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ പോലും പറ്റാത്തൊരവസ്ഥ വന്നു എന്ന് വരും എന്നിട്ട് ആ രൂപവും പറഞ്ഞു ഈ ശൂന്യത വിട്ടുമാറണമില്ല വിഷമിച്ച് കരയുമ്പോ നിശീതേ തമവുദ്ഭൂതേ എന്നാണ് ആ ഇരുട്ട് ആ ഇരുട്ടിലങ്ങനെ കിടക്കുമ്പോൾ കരഞ്ഞു വിളിച്ചാൽ സർവേശ്വരം വന്ന് തത്വോപദേശം ചെയ്യും ആത്മാനവത്ര പുരുഷ അവ്യവധാനം തടസ്സമില്ലാതെ ആത്മാ പ്രകാശിക്കും ആസനാക്ഷയം യാതൊരു പ്രതിബന്ധമില്ലാതെ ആത്മാഹൃദയത്തിൽ പ്രകാശിക്കും അങ്ങനെ ആത്മാനുഭവം ഏർപ്പെട്ട് യഥാർത്ഥ ആത്മലഹരിയിൽ അവധൂതനായിത്തീർന്ന യോഗി ശരീരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതുപോലും അറിയാതെ നടക്കും നമ്മൾ പറഞ്ഞില്ലേ പശുവിന്റെ കഴുത്തിലും മാലയുടെ പശുവിന്റെ കഴുത്തിൽ മാലയിട്ടാൽ കുറച്ചുകാല ആ പശു മാലയും കൊണ്ട് നടക്കും കുറച്ച് കഴിഞ്ഞാൽ പൂവൊക്കെ ഉതിർന്നു വീഴും പശുവിന് വല്ല വിഷമം ഉണ്ടാവോ അതുപോലെ യോഗിക്ക് ചിലപ്പോ ശരീര അംഗവംഗങ്ങളൊക്കെ വരും എന്നാലും അറിയില്ല പശുവിന് വിഷമമൊന്നും ഉണ്ടാകാ മാലയെ പൊട്ടി ചോട്ടൽ വീണാലും പശു എന്റെ മാലെ പൊട്ടിപ്പോയി വേറെ ഒന്നും ഇട്ടു തരുമോ ചോദിക്കില്ല അറിയയില്ല അതിന് അതുപോലെ യോഗി കുറെ ആ ശരീരവും കൊണ്ട് നടക്കും അതൊരിടത്ത് വീഴും കള്ളു പിടിച്ച ആൾക്ക് ഉടുത്തിരിക്കുന്ന വസ്ത്രം വീണുപോയോ എന്ന് അറിയാതെ നടക്കണ പോലെ എന്നാ പറയണം മദ്യപന് മതിരാ മധുരോന്മത്തനായിട്ടുള്ളവന് ശരീരം വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത പോലെ ഈ യോഗിക്ക് ശരീരമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ നടക്കും അത്തരത്തിലുള്ളൊരവസ്ഥ വരും എന്നാണ് അപ്പോ മമഗുണഗണലീലാകണ്ണനൈഹി കീർത്തനാദീ ഭവതി പരമ മൈ സുരസരിതോഗ ഭവതി പരമഭക്തി മൃത്യോർ വിജയി കനുരിത്വം ദേവഹൂത്യ ഭക്തി ഏതൊക്കെ തരത്തിലുണ്ട് താമസമായ ഭക്തി കൊണ്ട് ആരെങ്കിലും ഒരാൾ നശിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് വഴിപാട് നടത്തുക അങ്ങനത്തെ ആളുകളുണ്ട് മളക അരച്ചു തേക്കിയ കല്ലില് അത് വളരെ താമസം അവരെ തന്നെ ബാധിക്കും കുറച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കിട്ടണം വിഷയങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഭക്തി ചെയ്യും അല്ലെ ഭഗവാനോട് കൊണ്ടുപോയിട്ട് ഉള്ളതിൽ വില കുറഞ്ഞതായിട്ടുള്ള പഴം വാങ്ങിച്ചു കൊണ്ടുപോയി നേടിക്കും എന്നിട്ട് ലക്ഷക്കണക്കിന് പണം ഇങ്ങോട്ട് ചോദിക്കും ഭഗവാന്റെ അടുത്ത് അപ്പൊ അത് വ്യാപാര ഭക്തി പ്രഹ്ലാദൻ പറയണത് നമ്മ ഭക്തല്ല സഭൈ വണിക്ക് എന്നാണ് നല്ല വണിക്ക് വ്യാപാരി ഭഗവാനോട് വ്യാപാരം ചെയ്യുന്ന ഭക്തി അപ്പൊ അതിനും ഭഗവാൻ തൽക്കാലത്തേക്കൊക്കെ ഒന്ന് വഴങ്ങിക്കൊടുത്തു വരും അപ്പൊ അങ്ങനെയൊക്കെ വ്യാപാര ഭക്തി ചെയ്യുന്നവരുണ്ട് ആ ഭക്തി ക്രമേണ ആ തലമൊക്കെ വിട്ട് പതുക്കെ പതുക്കെ പതുക്കെ പക്വപ്പെട്ട് വരും പക്കുവപ്പെട്ട് വന്നിട്ട് സംസാരം ചിന്തയും വിട്ട് മോക്ഷം നേടണം ഒരാഗ്രഹം ഉണ്ടാവും ഭഗവാനെ പ്രാപിക്കണം അത് സാത്വികമാണ് എന്നാലും പോരാ എന്നാണ് കപിലൻ പറയുന്നത് അതും വിട്ട് നിർഗുണഭക്തി എന്നൊന്നുണ്ടെന്ന് എന്താ നിർഗുണഭക്തി എന്താണെന്ന് വെച്ചാൽ പരാഭക്തി അതായത് അതിൽ യാതൊന്നും ഇച്ഛിക്കണില്ല ഒന്നും വേണ്ട യാതൊന്നും പ്രതീക്ഷിക്കണില്ല ഭഗവാന്റെ അടുത്ത് മദ്ഗുണശ്രുതിമാത്രേണ മൈ സർവഗുഹാശയേ മനോഗതി അവിച്ചിന് യഥാ ഗംഗാബസോംബുധൗ സവ ഭക്തിയോ ആത്യന്തിക ഉദാഹൃത ഏനാതിവ്രജ്യ ത്രിഗുണം മദ്ഭാവായോപത്യത്തെ ലക്ഷണം ഭക്തിയോഗർഗുണ ഹ്യുദാഹൃതം ഭഗവാൻ അവിടെ പറഞ്ഞു മദ്ഗുണശ്രുതി മാത്രേണ മൈ സർവഗുഹാശയം ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുമ്പോഴേക്കും സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന ആ ഭഗവാൻ ആത്മാവായിട്ടുള്ള സർവേശ്വരനോട് ഗംഗ വെച്ചിട്ടുള്ള പോലെ ഒരു പ്രേമം ഗംഗ എങ്ങനെ സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടേ അതുപോലെ ചിത്തം ഭഗവാന്റെ അടുത്തേക്ക് ഒഴുകണു അത് ഭക്തിന് പേര് അങ്കോലം നിജ ബീജസന്തതിരയസ് കന്തോലം ധ്വീ നൈജവിഭും തിതിരുഹം സിന്ധു സരിദ്വല്ലോഹ യഥാ തഥാ പശുപത്തെ പാദാരവിന്ദദ്വയം ചേത്തോ വൃത്തിരുപേത്യതിഷ്ട സദാ സാ ഭക്തിരി സാഭക്തി അതാണോ ഭക്തി ഏതാ ഭക്തി എന്ന് വെച്ചാൽ ആചാര്യസ്വാമി പറയണത് അങ്കോലന്നൊരു വൃക്ഷം ആ വൃക്ഷം നമുക്കിവിടെ സാധാരണ ആയിട്ടൊന്ന് കാണാൻ വയ്യ ആ അങ്കോലവൃക്ഷത്തിന്റെ കായ ചുവട്ടില് വീണാൽ ചാടി ചാടി ചാടിപ്പോയി മരത്തിൽ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കും അപ്പൊ ആ കായ പറിക്കണമെങ്കിൽ ചുവട്ടില് ചാരം വിരിച്ചിട്ടാ അത്ര പിടിക്കാം അപ്പൊ ആ അങ്കോലക്കായ മരത്തില് ചാടി ചാടി പിടിക്കണ പോലെ ഒരു അവസ്ഥയുണ്ട് ഭക്തിയില് ആദ്യത്തെ പടിയിൽ ഭജിക്കണോ നാമം ജപിക്കണോ ധ്യാനിക്കണോ ആത്മവിചാരം ചെയ്യണു എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചുനേരം ഒരു ശാന്തി കുറച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ വീണ്ടും ലോകവിചാരം വരും ലോകവിചാരം വന്നാ ഉടനെ ഭഗവാനെ മറന്നു എന്നറിഞ്ഞാ വീണ്ടും ചാടി പിടിക്കും ചാടണത് കൊരങ്ങന്റെ സ്വഭാവം അല്ലേ അപ്പൊ ഇത് കൊരങ്ങു ഭക്തിയാണത് മർക്കടകിശോരന്യായം എന്നാണ് അതിന് പേര് കൊരങ്ങുകുട്ടി തള്ളക്കുരങ്ങൻ എവിടെ വിട്ടാലും തള്ളകുര കൊരങ്ങിന്റെ പുറകെ ഓടും എന്നിട്ട് കെട്ടിപ്പിടിച്ചോളും അമ്മ അമ്മയുടെ കഴുത്തില് തന്നെ കെട്ടിക്കിടക്കും കൊരങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം കുട്ടിക്കുരങ്ങൻ അമ്മയെ വിടലിയ കെട്ടി പിടിച്ചിരിക്കും അമ്മ അവിടെ ഇവിടെ ഒക്കെ ചാടും അമ്മക്ക് വിചാരമൊന്നുമില്ല കുട്ടിയെ കുറിച്ച് അമ്മയ്ക്ക് കുട്ടിയെക്കുറിച്ച് വിചാരമൊന്നുമില്ല കുട്ടിക്കാണ് കുട്ടിയുടെ എഫേർട്ട് പരിശ്രമത്തിലാണ് നിക്കണം ഭക്തി ആരംഭിക്കണതും അങ്ങനെയാണ് നമ്മളുടെ പരിശ്രമത്തിലാണ് ഇത്ര ജപിക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധ വെച്ചാലേ നടക്കൂ ആരംഭത്തിൽ കൊരങ്ങു ഭക്തി തന്നെയാണ് കൊരങ്ങിനെ പോലെ പിടിക്കണം കൊരങ്ങു പിടിയെന്ന് പറയും പിടിച്ചാ വിടില്ല കൊരങ്ങൻ അപ്പൊ അതുപോലെ പിടിക്കണം ഭഗവാന് നമ്മള് തന്നെ പിടിക്കണം ഇത്ര ജപം ചെയ്യും എന്ന് നിശ്ചയിച്ചാ ജപിക്കണം രാവിലെ ഇത്ര നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴു എഴുന്നേറ്റ് ഭഗവാനെ ആരാധിക്കും എന്ന് നിശ്ചയിച്ചാൽ ചെയ്യണം ഒരേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ടില്ലെങ്കിലും ഭഗവാൻ വന്ന് എഴുന്നേപ്പിച്ചോളും പക്ഷെ അതുവരെ നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ ജപിക്കണം നമ്മൾ തന്നെ ആരാധിക്കണം നമ്മൾ തന്നെ നിവേദിക്കണം നമ്മൾ തന്നെ അർച്ചിക്കണം അത് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ കരയണം ഇതൊക്കെ കൊരങ്ങന്റെ സമ്പ്രദായം കുറച്ചു കഴിഞ്ഞാലോ സന്തതിരയസ്കാന്തോ ബലം സൂചിക ഈ അവസ്ഥയിൽ ഭഗവാനുടെ ആകർഷണമൊന്നും ഉണ്ടാവില്ല ആകർഷണമില്ലെങ്കിലും ചെയ്യണം ആകർഷണം ഉണ്ടാവില്ല ആകർഷണവും ജപിക്കാൻ ചിലപ്പോ തോന്നില്ല മടി തോന്നും മടി തോന്നിയാലും ജപിക്കണം മനസ്സിന് ഏകാഗ്രത തോന്നിയാലും ജപിക്കണം മനസ്സിന് ഇഷ്ടമില്ലെങ്കിലും ജപിക്കണം മനസ്സ് ലോകം മുഴുവൻ അലഞ്ഞാലും ജപിക്കണം മനസ്സിന് ഇഷ്ടം ഉണ്ടെങ്കിലും പൂജിക്കണം ഇഷ്ടം ഇല്ലെങ്കിലും പൂജിക്കണം മനസ്സ് എവിടെ പോയാലും അതുകൊണ്ട് ചിലവർക്കൊക്കെ ജപിക്കാൻ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജപിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് മനസ്സിനോട് പറയണം ഒരു ഓൾ വേൾഡ് ടൂർ ടിക്കറ്റ് വാങ്ങി മനസ്സിന് കൊടുക്കണം എന്നിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വന്നോളൂ ഞാൻ എഴുന്നേക്കില്ല നീ എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോളൂ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചോളൂ എന്ത് വിചാരിച്ചാലും ഞാൻ ജപം നിർത്തില്ല നീ കൂട്ടിന് വന്നാലും ശരി കൂട്ടിന് വന്നിട്ടില്ലെങ്കിലും ശരി ഞാൻ ജപിക്കും താൻ ത മനസ്സ് ചിലപ്പോഴൊക്കെ ഒന്ന് തോളിൽ കൈകൂട്ടിട്ടിട്ട് ഞാനും തന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ചു ദൂരെ വന്നിട്ട് നമ്മളെ വേറെ എവിടെയും കൂട്ടിക്കൊണ്ടുപോയിക്കളെ അങ്ങനെ ചില കൂട്ടുകാരുണ്ട് അതുപോലെയാണ് ഈ മനസ്സും നമ്മളുടെ കൂടെ വന്നും ചേർന്ന് നിൽക്കും നമ്മൾ നല്ല കൂട്ടുകാരനാണോ വിചാരിക്കും മെല്ലെ വഴി തെറ്റിച്ചു കൊണ്ടുപോകും ഭാഗവത സപ്താഹത്തിന് പോയാ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് രവിപുരത്തിലേക്ക് ഇങ്ങനെയല്ല എന്ന് വന്നിട്ട് വേറെ വഴിക്ക് എവിടെയോ തൃപ്പണിത്തറയ്ക്ക് കൊണ്ടുപോകും അപ്പൊ അതുപോലെയാണ് മനസ്സ് മനസ്സിങ്ങനെ ജപിക്കാൻ തുടക്കുമ്പോ ഞാനും വരാൻ വന്ന് കൂടെ കൂടിയിട്ട് എവിടെയെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് മനസ്സിനോട് കഴിയണതും കൂട്ടുകൂടാതെ ചെയ്യണം എന്നാണ് ആദ്യ പടിയില്ല ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ മനസ്സിനോട് കൂട്ടുകൂടാതെ അതാണ് ആദൌ മനസ്സഹ അസംഗം സംഗുഷൂന്ന് മനസ്സിനോട് കൂട്ടുകൂടാതിരിക്കുക സാധുക്കളോട് കൂട്ടുകൂടുക ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ മനസ്സാണ് അപ്പൊ മനസ്സിനോട് കൂട്ടുകൂടാതെ സാധുക്കളോട് കൂട്ടുകൂടിയാൽ കുറെ കഴിയുമ്പോൾ ഈ മനസ്സ് പരിഭാഗപ്പെട്ട അലച്ചലൊക്കെ നിർത്തും അലച്ചലൊക്കെ നിർത്തി കൂടിക്കഴിഞ്ഞാൽ മനസ്സും ഇതിൽ കൂടി ഒന്ന് പരിചയപ്പെടും ജപം ധ്യാനം പൂജ ഭഗവാനെ ആരാധിക്കലൊക്കെ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് മനസ്സിന് അങ്ങോട്ട് ആകർഷണം തുടങ്ങും ഭഗവാന്റെ അടുത്തേക്ക് അതാണ് കാന്തോപലം സൂചിക എന്ന് പറഞ്ഞത് കാന്തത്തിന് ഇരുമ്പിന് കാന്തത്തിനോട് ആകർഷണം ഏർപ്പെടുന്ന പോലെ മനസ്സിന് ഭഗവാനോട് ആകർഷണം ഏർപ്പെട്ടു അത് എത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടില്ലെങ്കിലും ഒരു പക്ഷെ ഒരു ദിവസം ജപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ മനസ്സ് നമ്മളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും ഗോപസ്ത്രീകളെ പോലെ വീട്ടിലിട്ട് പൂട്ടിയിട്ടാലും കണ്ണനെ വിചാരിച്ച് ശരീരം ഉപേക്ഷിക്കണ പോലെ ആ മനസ്സ് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ ഭഗവാൻ നമ്മളുടെ ചിട്ടത്തിനെ ആകർഷിക്കും ഇത് പൂച്ചക്കുട്ടി പോലെ അപ്പൊ ഭഗവാൻ വന്ന് എടുത്തോണ്ട് പോവാൻ പൂച്ചക്കുട്ടി കണ്ടിട്ടില്ലേ തള്ളപ്പൂച്ച വന്ന് കുട്ടിപ്പൂച്ചയെ എവിടെ കിടന്നാലും എടുത്തുകൊണ്ടു പോകും കുട്ടിപ്പൂച്ചയ്ക്ക് അറിയില്ല അത് കരഞ്ഞുകൊണ്ടേയിരിക്കും തള്ളപ്പൂച്ചയാണ് എടുത്തോണ്ട് എടുത്തുകൊണ്ടു പോകുന്നത് കൊരങ്ങയാണെങ്കിൽ ഞാൻ വരുന്നു അമ്മ എവിടെ പോയാലും ഓടി ഓടി ഓടി അമ്മയെ പോയി പിടിക്കും കുട്ടിപ്പൂച്ച അങ്ങനെയില്ല പെറ്റിട്ടാൽ അത് അവിടെ കിടന്നിട്ട് പൂച്ചകളൊക്കെ ഹിന്ദിയാണ് അതുകൊണ്ട് മേ ആവും മേ ആവും ചോദിച്ചുകൊണ്ടേയിരിക്കും ഞാൻ വരട്ടെ ഞാൻ വരട്ടെ അപ്പൊ തള്ളപ്പൂച്ച എവിടെ കിടന്നാലും വന്ന് എടുത്തോണ്ട് പോയി കുട്ടിപ്പൂച്ചയ്ക്ക് ഒന്നും അറിയില്ല അത് എവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും തള്ളപ്പൂച്ച വന്ന് എടുത്തോണ്ട് പോകണം അത് എടുത്തോണ്ട് പോയി എവിടെ കൊണ്ടു വയ്ക്കണം അവിടെ കൊണ്ടുവയ്ക്കും അപ്പൊ ഇതാണ് അയസ്കാന്തോ ബലം സൂചിക്ക അടുത്ത സ്റ്റെപ്പ് എന്താണ് സാധ വിഭും ഒരു പതിവ്രതയ്ക്ക് തന്റെ പതിയോടുള്ള പ്രേമം പോലെ ഭഗവാനോട് പ്രേമം അതായത് ഒരു പതിവ്രത അനുക്ഷണം ഞാൻ ഇങ്ങനെ ചെയ്താൽ ഭർത്താവിന് ഇഷ്ടാവോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടാവോ എങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം തന്റെ സന്തോഷം ഒന്നും മുഖ്യമല്ല എന്ത് ചെയ്താൽ ഭഗവാൻ അതാണ് സത്സ്ത്രിയ സത്പതിയതാ വശീകുർവന്തി മാം ഭക്യ അംബരീഷ ചരിത്രത്തിൽ ഭഗവാൻ പറഞ്ഞു നല്ല പതിവ്രതകൾ ഭർത്താവിനെ വശീകരിച്ചു വെക്കണു ഒരു ചീത്ത പറയേണ്ട നിലവിളിക്കേണ്ട ശണ്ട കൂടേണ്ട പാത്രം വലിച്ചെറിയേണ്ട ഒന്നും വേണ്ട വശീകരിച്ച് കയ്യിൽ വെക്കണു പ്രേമം കൊണ്ട് കയ്യിൽ വെക്കണ പോലെ ഭക്തൻ ഭഗവാനെ വശീകരിച്ചു കയ്യിൽ വെക്കണു എന്നാണ് എത്ര നല്ല ഉദാഹരണം ഒന്നും വേണ്ട സത്സ്ത്രിയ സത്പത്തിയതാണ് അവിടെ പ്രേമം കൊണ്ട് അനുക്ഷണം ഭർത്താവിന്റെ എയാ തുഷ്യതി അധോക്ഷച അതാണ് ഭക്തി ആദ്യമേ സുഖബബബ്രഹ്മ മഹർഷി വ്യാഖ്യാനിച്ചു ഞാൻ എങ്ങനെ സന്തോഷപ്പെടുന്നല്ല എനിക്കെങ്ങനെ കിട്ടുന്നല്ല ഞാൻ നരകിച്ചാൽ ശരി എയാതുഷ്യതി അധോക്ഷജ എങ്ങനെയാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും അതുപോലെ ജീവിക്കണം അങ്ങനെ അനുക്ഷണം ഭഗവത് സന്തോഷത്തിനായിക്കൊണ്ട് ജീവിക്കുന്ന ആ സമ്പ്രദായം അതുകൊണ്ട് അഹങ്കാരം നിശേഷമില്ലാതാവും ഇവിടെ ദ്വൈതമാണ് രണ്ടുണ്ട് സത്സ്ത്രിയഹ സത്പതി യഥ അല്ലെ രണ്ടുണ്ട് സാദ്വീ നൈജവിഭം വേറെയാണ് അതുകൊണ്ട് വേറെ സന്തോഷിപ്പിക്കാം അടുത്തതെന്താണ് ഭഗവാനോട് ഒന്നുകൂടെ അടുത്തു ലതാക്ഷിതിരുഹം വള്ളിപ്പോയി മരത്തിനെ കെട്ടിപ്പിടിക്കണ പോലെ മാറ്റിയിട്ടാൽ വീണ്ടും പോയി മരത്തിനെ ചുറ്റിക്കിടും മരത്തിൽ നിന്ന് വേറെയാണ് പക്ഷെ മരത്തിലാണ് ഭഗവാനിൽ നിന്ന് വേറെയാണ് പക്ഷെ ഭഗവാനിലാണ് വിശിഷ്ടാദ്വൈതം ലതാക്ഷിതിരുഹം അടുത്ത ഉദാഹരണം പറഞ്ഞു സിന്ധു സരിദ്വല്ലഭം പ്രാപ്നോത്തി നദീ പോയിട്ട് അങ്ങനെ പോയിട്ട് സമുദ്രത്തിൽ പോയി ഒരു കലക്കൽ കലന്നു കഴിഞ്ഞാൽ പിന്നെ ഗംഗയില്ല കാവേരി ഇല്ല നർമ്മദയില്ല സിന്ധു ഇല്ല ഭാരതപ്പുഴയില്ല പെരിയാറുമില്ല ഒന്നുമില്ല സമുദ്രം സമുദ്രത്തിൽ ഇതെന്ന് ചേർന്നു യഥാനദ്യഹ സമുദ്രേ അസ്ഥം ഗി നാമരൂപേ വിഹായ വിദ്വാൻ നാമരൂപാദ് വിമുക്ത പരാത് പരം പുരുഷമുപൈതി ദിവ്യം ആ പരമപുരുഷനിൽ ലയിച്ചു ചേരുന്നു ഇത് പരിപൂർണമായ വിലയം ഇപ്പൊ ഗംഗ പോയി സമുദ്രത്തിൽ ചേരണം അതിന് ഭക്തി എന്ന് പേരാണ് പരമഭക്തി അതായത് അനുക്ഷണം തന്റെ വ്യക്തിത്വത്തിനെ ഭഗവാനിൽ ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുന്നു പരമഭക് അനുക്ഷണം എല്ലാം ഭഗവാൻ ഞാനില്ലേ ഇല്ല ഇവിടെ ഭഗവാൻ മാത്രം തന്റേതോന്നൊന്നില്ല താനില്ല സർവേശ്വരൻ ഇവിടെ ഒന്നുമില്ല അത് വീണ്ടും വീണ്ടും ചിദ്രസത്തിനെ അനുഭവിച്ചുകൊണ്ട് അഹങ്കാരം അനുക്ഷണം ദഹിച്ചുകൊണ്ടേയിരിക്കുന്നത് പരമഭക്തി അതാണ് ഗംഗാപ്രവാഹം പോലെ എന്ന് പറഞ്ഞു അഹ ബഹുളഹിംസാ സഞ്ചിതർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഗൃഹസക്തോയാതാം മയ്യ ഭ കവിലതനുരിതിത്വം ഇങ്ങനത്തെ ഭക്തി ഇല്ലെങ്കിലോ അഹ കഷ്ടം കഷ്ടം എന്താ കഷ്ടം എന്ന് വെച്ചാൽ ബഹുള ഹിംസാ സഞ്ചിതാർത്ഥീ അനേക വിധത്തിലുള്ള ഹിംസകൾ ചെയ്തിട്ടും മറ്റുമൊക്കെ ഭക്തിയില്ലാത്തവൻ പണം സമ്പാദിക്കണം പണം സമ്പാദിക്കുന്നത് തെറ്റല്ല പല ഹിംസയും ചെയ്ത് പല പേർക്ക് കഷ്ടം കൊടുത്തിട്ട് പല പേർക്ക് ദുഃഖം കൊടുത്തിട്ട് പണം സമ്പാദിക്കും എന്നിട്ടോ സഞ്ചിതാർത്ഥി കുടുംബം പുഷ്ണന് കുടുംബം പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീജിതോ ബാലനാളി തന്റെ ഭാര്യ തന്റെ കുട്ടികള് തന്റെ കുടുംബം അവർക്കാർക്കും ഒന്നും വരരുത് ബാക്കിയുള്ളവർക്ക് ആർക്ക് എന്ത് വന്നാലും വേണ്ടില്ലേ അവരൊന്നും തന്റെ കുടുംബം പോലെ എന്നുള്ള വിചാരം ഇവനില്ല ഇതിന്റെയൊക്കെ ഫലം എന്താണ് വിശദിഹി ഗൃഹസക്തോ യാതന ഭക്ത ആ ഗൃഹസ്ഥാശ്രമത്തിൽ അനേകവിധ യാതനകൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും അവസാനം അപ്പൊ ഇങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമികളുടെ ദുഃഖത്തിനെക്കുറിച്ച് കപില ഭഗവാൻ കുറേയധികം കളിയാക്കി അമ്മയോട് പറഞ്ഞു അമ്മേ അവർ പല വിധത്തിലുള്ള മൂഢകർമ്മങ്ങൾ ചെയ്യും അതിൽ പെട്ടുകടക്കും വലയും എന്നിട്ട് അതിന്റെ ഫലം എന്താ ആ കർമ്മത്തിന്റെ ഫലമായി വീണ്ടും ഗർഭവാസം ആദ കമ്മത് കലയ കലുഷ മാതൃകുക്ഷിമൂത്രമേ്യമ്യേ കഥയതി നിതരാ ജാതേധി തുഃഖം വ്യതയ നിതരാക്കത്തെ കെയ വക്തു ക്ഷോ മേ അപരാധ ശിവശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ ശിവ അപരാധക്ഷമാപണമാണ് ആചാര്യസ്വാമികൾ പറയണത് അപരാധം അപരാധം അപരാധം എന്താ അപരാധം ഭഗവാനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ അപരാധം ജനിച്ചതേ അപരാധം അതാണ് കൃഷ്ണൻ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി എന്നുള്ളിവിടണത് ആരുടെ ജനിക്കാൻ പറഞ്ഞത് അതാണ് അപ്പോ ജനിച്ചതേ ആദ്യത്തെ അപരാധം പ്രൈമൽ ഇഗ്നറൻസ് മൂലാവിദ്യ അവിടുന്ന് തൊട്ടു തുടങ്ങി ജനിക്കാൻ കാരണം എന്താ ടിക്കറ്റ് വാങ്ങി കയറിയതാണ് അല്ലെ ചിലപ്പോ ടിക്കറ്റ് വാങ്ങി കയറും നല്ല സുഖമാണ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ എ സി കമ്പാർട്ട്മെന്റ് സുഖമാണെന്ന് പറഞ്ഞ് ധാരാളം പണം കൊടുത്ത് വാങ്ങിക്കയറും ശ്വാസം മുട്ടിയിട്ട് അതിനകത്ത് ഇരുന്നിട്ട് മാറ്റം സകല ശ്വാസവും അതിനകത്ത് തന്നെ അതിനകത്ത് പലവിധ ദുഃഖം നമ്മൾ എ കമ്പാർട്ട്മെന്റിൽ വരുമ്പോ അതിനകത്ത് വലിയൊരു പെരിച്ചാഴി ബാഗൊക്കെ കടിച്ചു ഓട്ടയാക്കി അതിനകത്തും ഉണ്ട് ടിക്കറ്റ് വാങ്ങി കാശ് കൊടുത്ത് ഉള്ളിൽ കയറി നമുക്ക് കഷ്ടം അതുപോലെ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് കയറിയത് എന്താ ടിക്കറ്റ് എന്ന് വെച്ചാൽ പോയ ജന്മത്തില് ചെയ്ത കർമ്മത്തിന്റെ ടിക്കറ്റ് ആ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഈ ശരീരം ആവുന്ന പാത്രത്തിന്റെ ഉള്ളിലേക്ക് കയറി അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് കയറി അതിൽ കയറി അനേകവിധം യാതനകൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറയാൻ വയ്യാന്ന് അനേക കഷ്ടങ്ങൾ യുവതി ജറഖിന്നു ഒരേ വാക്കിൽ അവസാനിപ്പിച്ചു അതിനകത്ത് കിടന്നിട്ട് ജഠറഖിന്ന ആ വയറ്റിനകത്ത് കിടന്ന് അനേകവിധ കഷ്ടങ്ങൾ അനുഭവിച്ചു എന്നാണ് ഈ ജന്തു ജന്തു എന്നാണ് വരുന്നത് നമുക്കൊക്കെ കപില ഭഗവാൻ സ്നേഹത്തോടെ വെച്ച് തന്ന പേര് ജന്തു ജന്തു എന്ന് വെച്ചാൽ ജനിക്കണവരൊക്കെ ജന്തുക്കളാണ് ജായത്തെ ഇത് ജന്തു ജനിച്ചവനൊക്കെ ജന്തു തന്നെയാണ് അപ്പൊ ആ ഗർഭത്തിലുള്ള ഈ ജന്തു അനേകവിധ കഷ്ടങ്ങൾ ഗർഭത്തിന്റെ ഉള്ളിൽ കിടന്ന് അനുഭവിച്ചു യുവതി ജഠരഖിന്നോ അവിടെ കുറെ കരഞ്ഞു അത്ര കൈകൂപ്പി നിന്ന് ഭഗവാനെ വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് കരഞ്ഞു രക്ഷിക്കണം ത്രാഹിമാം ബാഹിമാം നമ്മളുടെ സകല പാട്ടും എടുത്താൽ സ്വാതി തിരുന്നാൾ കീർത്തനം മുഴുവൻ എടുത്താൽ പാലയമാം ബാഹിമാം ത്രാഹിമാം ബാഹിമാം അത് വെച്ച് തന്നെ നമുക്ക് പാട്ട് എഴുതി കളയാം അറിയണ്ട അപ്പോ പാഹിമാം പാലയമാം ത്രാഹിമാം അല്ലെ ഭഗവാനോട് ഇതൊന്നും പറയാൻ അറിഞ്ഞാൽ മതിയല്ലോ വേറൊന്നും വേണ്ട ഓക്കെ എല്ലാത്തിനും പുറകിലും ഇതൊന്ന് വെച്ചാൽ മതി ഈ ഗർഭത്തിൽ കിടന്ന് ഈ ജന്തു കുറെ കരഞ്ഞു വിളിച്ചു ഭഗവാനെ രക്ഷിക്കാനായിട്ട് അതാ ഇങ്ങനെയാ കിടക്ക കയ്യൊക്കെ കൂപ്പി വട്ടത്തിലെ കാലും കയ്യും ഒക്കെ അങ്ങനെ കിടക്കും രണ്ട് കയ്യും കൂപ്പി കാലും ചേർത്തി വെച്ച് ഗർഭത്തിന്റെ ഉള്ളിലുള്ള ശിശുവിന്റെ സ്ഥിതി തലയും ഉള്ളിലിട്ട് ആ ജന്തു തലകുനിച്ചിരിക്കുകയാണെന്നാണ് ജന്മജന്മങ്ങളായി ചെയ്ത കർമ്മത്തിന്റെ ഒക്കെ ഇത് കാരണം നാണം കാരണം തലകുനിച്ച് കൈകൂപ്പി അതിനകത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ എന്നെ കരകയറ്റണം എന്നെ രക്ഷിക്കണം എനിക്ക് കരാവലംബം തരണം തസ്യോ പ്രസന്നമബിത്തും ോ ഭുവി ചലത് ശരണവി സോഹം വ്രി ശരണി അകുതോ വയ മേ എനേദൃശതി അദശ്യസൂപായ കർമ്മ ആവൃതമാൂതേന്ദ്രിശയമീമവലംബ്യമായാസ്തത്തെ വിശുദ്ധം അവിമബോധം ആതപ്യമാനഹൃദയെ അവസിതം നമാമി ഭഗവാനെ സ്തുതിച്ചു അനന്തബോധസ്വരൂപനായ പരമാത്മാവിനെ സ്തുതിച്ചു ശരണാഗതി ചെയ്തു ജഗത്തിന്റെ കാരുണ്യത്തിനായി അപ്പപ്പ അവതരിച്ച് മോക്ഷമാർഗം കാണിക്കുന്ന സർവേശ്വരനെ സ്തുതിച്ചു ഭഗവാനെ ഇതിനകത്ത് കിടന്ന് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നുവല്ലോ പുറത്തു പോയാൽ എങ്ങനെയെങ്കിലും ഒക്കെ ജ്ഞാനം നേടും സദ്ഗുരുവിന്റെ അടുത്ത് പോയി ജ്ഞാനം സമ്പാദിക്കും എന്ന് നിശ്ചയിച്ചു അത്ര പക്ഷെ ഇത് അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് എനിച്ചാ മറന്നുപോകും സംസാരത്തിൽ ഒരു ഇച്ഛ വന്നാൽ ആ ഇച്ഛയ്ക്ക് മേലെ ഇച്ഛാച്ചയ്ക്ക് മേലെ ഇച്ഛ ശിവാനന്ദ സരസ്വതി ഒരു കഥ പറയുന്നു ഒരു സദ്ഗുരു ഒരു ശിഷ്യന് തത്വോപദേശം ചെയ്തു കൊടുത്തു ആ ശിഷ്യൻ പറഞ്ഞു സ്വാമി എനിക്കിപ്പോ ഞാനത്രൊന്നും രുചിക്കുന്നില്ല കുറച്ചു കാലം കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗുരു ഉടനെ പറഞ്ഞു ഓ ഗുരുവും ഭഗവാനും ഒരേപോലെ എന്തിനും ഭഗവാനും ഗുരുവിനും ഒരേ ഭാഷയിൽ ഒരേ ഒരു വാക്കേ അറിയുള്ളൂ അത്ര ശരി ഗുരുവും ഭഗവാനും ഒരു വാക്കേ അറിയുള്ളൂ ഒരു ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ ഞാൻ ഒരാളെ കൊല്ലാൻ പോണു ഓ ശരി ഭഗവാനെ ഞാൻ പൂജ ചെയ്യാൻ ശരി ശരി ദാനം ചെയ്യാമോ ഓ ശരി എല്ലാത്തിനും ഭഗവാൻ ശരി എന്ന് പറയും നാസ്തികനും ആസ്തികനും ഭഗവാനും ഒരുപോലെ നാസ്തികനായിട്ട് ഒരാൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണെങ്കിൽ ഭഗവാൻ അയാൾക്കും ഒരു മൈക്ക് വെച്ചു കൊടുത്ത് അയാളുടെ മുമ്പിലും കുറെ ആളുകളെ എത്തും ആസ്തികനായിട്ട് ഒരാൾ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞ് വാദിക്കുകയാണെങ്കിൽ അയാൾക്കും ഒരു മൈക്ക് വെച്ച് ഭഗവാൻ അയാളുടെ മുമ്പിലും കുറച്ചു പേര് ഇരുത്തും ഭഗവാൻ എന്താ പറയണതെന്ന് വെച്ചാൽ രണ്ടുപേരും എന്നെക്കുറിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് എന്താന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്നെക്കുറിച്ച് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോ ഭഗവാൻ എല്ലാം തുല്യം അതുപോലെ തന്നെ ഗുരുവിനും ഇയാൾ ഗുരുവിനോട് പറഞ്ഞു ഞാൻ കുറച്ചു കാലം ഗ്രഹസ്ഥാശ്രമത്തിൽ ഇരിക്കട്ടെ ഗുരു പറഞ്ഞു ശരി കല്യാണം എവിടെ കഴിക്കണം ആരെ കഴിക്കണം എല്ലാം പറഞ്ഞു കൊടുത്തു അതുപോലെ വിവാഹം കഴിച്ചു ഗുരു പോകുമ്പോ ഒരു കാര്യം മാത്രം പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പത്താമത്തെ വർഷം ഞാൻ വീട്ടിലേക്ക് വരും അപ്പൊ എന്റെ കൂടെ ഇറങ്ങിപ്പോരണം അങ്ങനെയാണെങ്കിൽ താൻ കൊടുങ്ങില്ല ശരി എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ പോയി കല്യാണം കഴിഞ്ഞു പത്തു വർഷം വരെ ഇയാൾ പേടിച്ചുകൊണ്ടേ ജീവിച്ചു അത്രയാണ് പത്താമത്തെ വർഷം ഗുരു വരുമല്ലോ പോണമല്ലോ ഇതിനോടും പത്താമത്തെ വർഷമായപ്പോ ഗുരു അവിടെ വന്നു ഗുരുവിനെ കണ്ട ഉടനെ പറഞ്ഞു അയ്യോ അങ്ങ് വന്നത് എനിക്ക് അങ്ങേ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പക്ഷെ കുട്ടിക്ക് ഇപ്പോഴേ നാലു വയസ്സായിട്ടുള്ളൂ അവനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും അതുകൊണ്ട് അവനൊന്ന് വലുതായി പഠിച്ച് പടുപ്പ് കഴിഞ്ഞാൽ ഞാൻ വരാം ഒരു പത്തു വർഷം കൂടെ ഗുരു ശരി അദ്ദേഹത്തിന് അറിയുന്നത് അത് ശരി എന്ന് പറഞ്ഞിട്ട് പോയി പത്തു വർഷം കഴിഞ്ഞു പത്തുവർഷം കഴിഞ്ഞപ്പോ മകൻ പഠിപ്പൊക്കെ കഴിഞ്ഞു ഗുരു വന്നു പൂവല്ലേ ഒരു മകൾ കൂടെ ഉണ്ടായിട്ടുണ്ട് അവളൊന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ എന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞു പിന്നെ ശിവനേന്ന് പറഞ്ഞിരിക്കാം ഗുരു ശരി പത്തു വർഷം കഴിഞ്ഞു വന്നു കഴിഞ്ഞു വന്നപ്പോ പറഞ്ഞു മകൻ ഇനിയും ജോലി ആയിട്ടില്ല അവന് കല്യാണത്തിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്തു വർഷം കൂടെ അനുവദിച്ചു തന്നാൽ അതോടെ അവസാനിച്ചു എന്റെ പ്രാരബ്ധൊക്കെ കഴിഞ്ഞു ഗുരു ശരി വർഷം കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞു ഒന്നും പറയേണ്ട പേരക്കുട്ടികൾ ഇപ്പോഴേ നഴ്സറി സ്കൂളിൽ ചേർത്തിട്ടുള്ളൂ മകൻ മരുമകൾക്കും മകനും ജോലി രണ്ടുപേരും പോയാ എനിക്ക് രാവിലെ എഴുന്നേറ്റ ഇതിനെ നർസറി സ്കൂളിൽ കൂട്ടിക്കൊണ്ടുപോവാ കൂട്ടിക്കൊണ്ടുവരിക അതാണ് പണി ഭാഗവതത്തിനൊക്കെ എവിടെ സമയം അവരൊന്ന് വലുതായി തനിയെ പോവാൻ തുടങ്ങിയാൽ കുഴപ്പമില്ല ഇങ്ങനെ ചിന്തിച്ചു ഇത്തം ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവ ശിവ കുറച്ച് കഴിഞ്ഞപ്പോ ആള് പടം വിട്ടു ഗുരു മരണമില്ലാത്ത തത്വമാണ് അവിജ്ഞാത സഹം ചത്ത് പോയിക്കഴിഞ്ഞപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞ് വന്നു വന്നപ്പോ മക്കളോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ മരിച്ചു ശ്രാദ്ധം ആണിത് അപ്പോ അടുത്ത മാസം അപ്പൊ ഗുരുവിനറിയാം എവിടെയും പോവില്ല കാരണം അത്ര കണ്ട് ആസക്തി ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിന് എവിടെ എന്ന് ഇങ്ങനെ നോക്കിയപ്പോണ്ട് വീട്ടിന്റെ ഉമ്മറത്ത് ഒരു കൂട്ടിന്റെ ഉള്ളിൽ നല്ല നായ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോ നാല് എക്സ്ട്രാ കുറച്ചോ അപ്പൊ അടുത്തുപോയി ജ്ഞാനികൾക്ക് എല്ലാ ശരീരത്തിലും ഉള്ള ജീവനെ കാണാൻ ഒരു വിഷമമില്ല ഉത്രാമന്തം സ്ഥിതം വാ പി ഭുജാനം വാ ഗുണാൻവിതം വിമൂഢാഹാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഹാനം അതിന്റെ ഉള്ളില് എക്സറേ പോലെയുള്ള വിഷനാണ് ഉള്ളിലേക്ക് ആരാ അവിടെ ഇരിക്കണത് എത്രയാൾക്ക് സ്വത്തമുണ്ടോ എന്തൊക്കെ വാസനയുണ്ട് കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോ അടുത്തുപോയി നിന്നു എന്നപ്പൊ എന്താ വിശേഷം ഇതാപ്പൊ ഇങ്ങനെയായി ഇതിപ്പോ എനിക്ക് മുമ്പേ അറിയാം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പുറപ്പെടുകയല്ലേ അയ്യോ ഇവിടുത്തെ സ്വത്തൊക്കെ ഇവരൊക്കെ വെറുതെ വീട് തുറന്നിട്ടിട്ട് പോകും ഞാൻ കുറച്ചിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഇന്ന് കുറച്ചിട്ടില്ലെങ്കിൽ ഈ വീട് ആര് നോക്കും അതുകൊണ്ടാണ് വരണവരെയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഗൃഹപാലൻ എന്നാണ് നായ്ക്ക് പേര് സംസ്കൃതത്തിന് ഒരു പേര് ഗൃഹപാലൻ ഗ്രാമസിംഹം എന്നൊക്കെ പേരുണ്ട് ഗൃഹപാലൻ എന്ന് വെച്ചാൽ നായ എന്നർത്ഥം അപ്പോ ഇങ്ങനെ കുറച്ച് ഞാനില്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ ആര് നോക്കുന്നു ശരി എന്ന് പറഞ്ഞൊരു പ്രിയും പിന്നെ ഈ നായും ചെത്തും ഒരു പാമ്പായിട്ട് ആ വീട്ടിലെ ഒരു അറയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പണപ്പെട്ടിയെ ചുറ്റിയിട്ട് കിടക്കുക അത്ര അപ്പൊ ഗുരുവിന് മനസ്സിലായി ഇനി വിട്ടാൻ പറ്റില്ല നേരെ വന്നിട്ട് മക്കളോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ അറയുടെ ഉള്ളിൽ ഒരു പണപ്പെട്ടിയുണ്ട് ആ പെട്ടിയെ ചുറ്റി ഒരു പാമ്പ് കിടക്കുന്നുണ്ട് അതിനെ കൊല്ലണ്ട എടുത്ത് നല്ല അടി കൊടുത്തിട്ട് എടുത്ത് പുറത്തുവിടാന്ന് പറഞ്ഞു മക്കൾക്കുണ്ടോ അച്ഛനാണെന്ന് അറിയോ അച്ഛനും മക്കളാണെന്ന് അറിയുകയും ചെയ്യും എന്ത് വിഷയം എന്ത് വിഷമം നോക്കുക പലരും നമ്മള് കൊല്ലണ നോക്കങ്ങാണേ അവര് പാവം സ്വന്തം കൊണ്ടാടാൻ വന്നതാണോ അപ്പോഴാണ് നമ്മൾ അടിക്കണത് അല്ലെ പെരിച്ചാഴി എലി എവിടെയോ എലി വിഷം വീടുകളിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക അത്ര നമ്മള് മുത്തശ്ശന്മാരെയും അവരെയും അവരെയും ഒക്കെ പിടിച്ച് അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് സരീസൃപ മർക്കാകും ആത്മനഹാ പുത്രവത് പശ്യേത് എന്നൊക്കെയാണ് എന്തൊക്കെ മൃഗങ്ങള് പക്ഷെ ജന്തുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ പൂർവ്വബന്ധം കൊണ്ടാണ് നമ്മളെ വീട്ടിൽ കോരയിലൊക്കെ വന്നിരിക്കണതോ അവർ ഉപദ്രവിക്കാൻ പാടില്ല വേറെ എന്തെങ്കിലുമൊക്കെ വിധത്തില് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഉപദ്രവിക്കാൻ പാടില്ല ഈ പാമ്പിനെ അടി കൊടുത്തപ്പോ അതിന് മതിയാക്കി അപ്പോ ഗുരുവെടുത്ത് തോളിലിട്ടു ആ പാമ്പിനെ എന്നിട്ട് കൊണ്ടുപോവുക അപ്പൊ ആ പാമ്പിന്റെ ഉള്ളിലുള്ള ജീവൻ പറഞ്ഞു എത്ര എത്ര കാരുണ്യം എത്ര ജന്മങ്ങൾ ഞാൻ കിടന്നു വലഞ്ഞു എത്ര അബദ്ധം ചെയ്തു എത്ര ചുറ്റിത്തിരിഞ്ഞു എന്നിട്ടും എന്നെ വിടാതെ പിടിച്ചു വല്ല കൂടെ അവിജ്ഞാത സഖ പുരഞ്ജനോപാഖ്യാനം ഇവിടെ തന്നെ പറയാം അതാണ് അവിജ്ഞാത സഖാവായിട്ട് ജീവന്റെ കൂടെ സർവേശ്വരൻ അവിജ്ഞാത സഖ തന്നെയാണോ ഗുരു സർവേശ്വരൻ ഈ ജീവൻ അറിയാതെ ഒരു സഖാവായിട്ട് പുറകെ നടക്കുന്നു ഇവിടെ പോയാലും ഉണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പോയി അത്രയും എപ്പോഴും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ കരയും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ നമ്മളെ ബുദ്ധിമുട്ട് പറയും ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അദ്ദേഹത്തിനെ കാണാനേ വയ്യ അദ്ദേഹത്തിന് വിശ്വാസം പോരാ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കൈവിട്ട് കഴിയുമ്പോ ബാക്കിയുള്ളവരൊക്കെ കൈ കൊകറുമ്പോ ഒരു ഗതികി ഇല്ലയെന്ന് കാണുമ്പോ അദ്ദേഹത്തിനെ ആശ്രയിക്കാൻ ഒരു പക്ഷെ തോന്നിയേക്കാം പക്ഷെ അദ്ദേഹം വിടില്ല എത്ര ജന്മമായാലും വിടില്ല എന്ന് മാണിക്യവാചകർ പറഞ്ഞു ദുരുവാചകത്തിലെ തമിഴില് വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് അതിൽ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ പറഞ്ഞു ഭഗവാനെ എത്ര യോനികളിൽ ഞാൻ ചുറ്റി നമ്മുടെ പൂന്താനം പറയണ പോലെ പൂച്ചയായി ഈച്ചയായും നരിയായും പുലിയായും എത്ര ജന്മങ്ങൾ ചുറ്റി എന്നാണ് പുല്ലാകി പൂടായി പുഴുവായി മരമാകി പൽവെറുകി പരവയായി പാമ്പായി കല്ലായി മനിതരായി പേയായി ഗണങ്ങളായി വൽ അസുരായി ദേവരായി സ്ഥാപന ജംഗമത്തുൾ എല്ലാ പിറപ്പും പിരന്ത് ഇളത്തേൻ എം പെരുമാൻ എല്ലാ പിറപ്പും പിറന്ന് പിറന്ന് പിറന്ന് ഞാനിപ്പോ ഇളച്ചു പോയി എന്ന് മെലിഞ്ഞു പോയി അർത്ഥം മതിയായി തളർന്നു ഇത്ര ജന്മങ്ങളെന്നാണ് പക്ഷെ ഭഗവാൻ വിടാതെ കൂടെ നടന്നു എന്നിട്ടോ അവസാനം സദ്ഗുരുവായി വന്ന് ഹൃദയത്തിൽ തന്നെ ഉള്ള മെയ്യേ മുൻ പൊന്നടികൾ കണ്ട് മെയ്യെന്ന് വെച്ചാൽ സത്യം ബാക്കിയൊക്കെ പൊയ് ബാക്കിയൊക്കെ പൊയ്യാണ് കള്ളമാണെന്ന് മനസ്സിലാക്കി മെയ്യായിട്ടുള്ള പൊരുൾ ഹൃദയത്തിൽ പ്രകാശിച്ചപ്പോ ഈ ജന്മമൊക്കെ അതോടെ അവസാനിച്ചു അതോടെ അവസാനിച്ചു ഈ പാമ്പിന്റെ ശരീരത്തിലുള്ള ജീവൻ അങ്ങനെയാണ് കരകയറണത് ആ പാമ്പിന്റെ ശരീരത്തിലുള്ള ജീവൻ തത്വോപദേശം ചെയ്തു അത്ര ആചാര്യം അതേപോലെ ഈ ജീവി ജന്തു ഗർഭത്തിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഗർഭത്തിന് ചുവട്ടിൽ പുറത്തു വന്ന ഉടനെ മറന്നു പ്രസവഗണിതബോധ പീഢയോലംഘ്യബാല്യം പുനരപി ബദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിത്വം ദേവഭൂത്യൈന്യഗാദീ പ്രസവത്തുന്ന് വീണതോടുകൂടെ ബോധമൊക്കെ പോയി അനേക പീഢകള് കുട്ടിക്കാലത്ത് താരുണ്യത്തിലെ യൗവനത്തിലോ വീണ്ടും ലോകവിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങള് അങ്ങനെ ഭഗവാനെ മറന്നു പിതൃസുരഗണയാജി അങ്ങനെയൊക്കെ ധാർമ്മിക ഗൃഹസ്ഥനായിരുന്നു അവിടെയും പോരാ ദക്ഷിണ മാർഗത്തിലൂടെ പിതൃലോകമോ അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിത്തിരിഞ്ഞിട്ട് വരും ഇങ്ങനെ പല ജീവന്റെ ഗതികളെയും മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്ത് ദേവഹൂതിക്ക് തത്ോപദേശം ചെയ്തു ഇതി സുവിതിതവേദ്യം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യത്വം ഗതോ യോഗിസംഘൈഹി വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമി ജനഹിതാർത്ഥം വർത്തസേ പ്രാകുതിച്ഛ്യാം ദേവഹൂതിക്ക് ഭഗവാൻ തത്വോപദേശം ചെയ്തിട്ട് അവിടുന്ന് പോയി പോകുമ്പോ ദേവഹൂതി ആവട്ടെ യോഗസമാധിയിലിരുന്ന് ശരീരം ഉപേക്ഷിച്ചു മകൻ ഉപദേശിച്ചു തന്നെ സമാധി പരിശീലിച്ചു മകനെ സ്തുതിച്ചു അവിടുന്ന് എന്നെ പരമാനുഗ്രഹം ചെയ്ത് എനിക്ക് തത്വോപദേശം അറിയേണ്ടത് എനിക്ക് അറിയിച്ചു തന്നു അവിടുത്തേക്ക് നമസ്കാരം തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യസ്രോതാത്മനി സംവിഭാവ്യം സ്വതേജസുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലംർ വന്ദേ വിഷ്ണു കപിലം വേദഗർഭം വേദത്തിനെ ഉള്ളിലടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭഗവാൻ എന്റെ മുമ്പിൽ പ്രകാശിച്ച് സ്വതേജസ്സാദ്വസ്ത ഗുണപ്രവാഹം ജ്ഞാനമാവുന്ന തന്റെ തേജസ്സുകൊണ്ട് എന്റെ ഉള്ളിലുള്ള സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒഴുക്കിനെ മുഴുവൻ ഇല്ലാതാക്കി തീർത്ത് ആ പ്രഭുവിന് ഞാനിതാ ശരണാഗതി ചെയ്യുന്നു പരമപുരുഷന് ശരണാഗതി ചെയ്യുന്നു എന്റെ ഉള്ളില് ആത്മസ്രോതസ് ഞാനിതാ അനുഭവിക്കുന്നു ആത്മാനുഭവത്തിനെ കണ്ടെത്തിയിരിക്കുന്നു യോഗസമാധിയില് കുറച്ച് മകൻ പോയപ്പോ അല്പമൊരു ദുഃഖമുണ്ടായെങ്കിലും അതൊക്കെ അടക്കി ദേവഭൂതിയും ഭക്തിയോഗേന മുക്ത ഭഗവാനെ ഹൃദയത്തിൽ ആരാധിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ശരീരമൊക്കെ ശോഷിച്ചു പോയി ആരോ ആഹാരം കൊടുത്ത് കുറച്ചു കാലം നിന്നു കിട്ടിയത് എന്താന്ന് വെച്ചാ ശരീരം കുറച്ചു കാലം അങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ ആ ശരീരം അങ്ങനെ വീണു കൊങ്കതോ യോഗി സംഘൈഹി ഭഗവാനാവട്ടെ യോഗികളുടെ കൂടെ അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു പോയി ഈ കപില ഭഗവാന്റെ ഭക്തിയും ഭക്തി ഉപദേശവും യോഗോപദേശവും ഇതിനെയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് ഭട്ടതിരി പറഞ്ഞു ഇതിനെ കൂടുതൽ എന്തു പറയാനാവുള്ളത് എന്നാണ് പരമകിമുബുക്യാ ത്പം ഭോജഭക്തി സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം ൃഢം രുവുരസ്വ കവിലാവതാരത്തിനു ഒരഴക് വേറെ ഒരു സൗന്ദര്യം അതിന് ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ ഭട്ടതിരി പോലും ഗുരായിരപ്പാന്റെ വ്യാധി ഒന്ന് മാറ്റിത്തരണമെന്ന് ഇത്ര പേരും പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു അവസാനിപ്പിക്കുമ്പോ പക്ഷെ ഇവിടെ അവസാനത്തെ ലൈൻ തദ്വിധൂയാമയാൻമേ എന്ന് പറഞ്ഞാലും ഗുരുപവനപുരേശത്വ് ഉപാധത്സ്വഭക്തിം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഭക്തി തരണം ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കപിലാവതാരത്തിനെ പൂർത്തി ചെയ്യാണ് ഗുരുപവനപുരേശ ത്വയ് ഉപാധത്സ്വഭക്തി അവിടുത്തെ പാതാരവിന്ദ ഭക്തിയെ എനിക്ക് തരുക പ്രേമത്തിനെ എനിക്ക് തരിക ദൃഢമായ ഭക്തിയെ തരിക ആ ഭക്തിയാവട്ടെ സകല ഭയവിനെത്രീം എല്ലാ ഭയത്തിനെയും ഇല്ലാതെയാക്കുന്നവൾ വിശ്വ വിശ്വത്തോഭയാ എവിടെയുള്ള പേടി ഭയം മുഴുവൻ ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ അഭയം സർവഭൂതേഭ്യോ ദാമി ഭയം നീങ്ങണു അതുപോലെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ സഫലമാവണം ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവണം ആഗ്രഹമേ ഇല്ലാതായാൽ എല്ലാം പൂർത്തിയായി അങ്ങനെ ഭഗവാന്റെ പരമകൃപയെ പറഞ്ഞു കപിലാവതാരം അങ്ങനെ പൂർത്തി ചെയ്തു അടുത്തത് നാരായണാവതാരവും ദക്ഷയാഗം ഭാഗവതത്തില് ദക്ഷയാഗവും കുറച്ച് വിസ്തരിച്ചു ഇവിടെ നാരായണാവതാരത്തിനെ കുറച്ച് വിസ്തരിച്ചു ഭട്ടതി ഭഗവാന്റെ അവതാരങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതുകൊണ്ട് നാരായണാവതാരത്തിനെ ഇവിടെ വിസ്തരിച്ചു ഭഗവാൻ സഹസ്രകവചന്റെ വധത്തിനായിക്കൊണ്ട് നരനാരായണനായി അവതരിച്ചു ഈ സഹസ്രകവചൻ തപസ്സ് ചെയ്ത് ഒരു ആയിരം കവചങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതിൽ ഒരു കവചത്തിനെ ഭേദിക്കണമെങ്കിൽ ആയിരം വർഷത്തെ തപസ് വേണം അത് കഴിഞ്ഞ് ഇവർ തപസ്സിന് വേറെ ആയിരം വർഷം പോയാൽ ആ കവചം വീണ്ടും വളരും അപ്പോ രണ്ടുപേരെ ഒരേപോലെ തപസ്വികളായിരിക്കണം ഇവരോട് യുദ്ധം ചെയ്യണം ഓരോ കവചമായും ഭേദിക്കണം അങ്ങനെയാണ് ഭഗവാൻ നരനാരായണന്മാരായി അവതരിക്കണത് ഈ സഹസ്ര കവചൻ ആരാന്ന് വെച്ചാൽ അഹങ്കാരം കവചങ്ങൾക്ക് മേല കവചം വിട്ട് നിൽക്കണ അഹങ്കാരം കാമമാവുന്ന കവചം ലോപമാവുന്ന കവചം കാപ്പ്യമാവുന്ന കവചം എത്ര കവചമാണ് അതിനുള്ളത് ഒന്ന് ഭേദിച്ച് കഴിയുമ്പോഴേക്കും വേറൊന്നും പൂട്ടി പോകാം അപ്പൊ സർവേശ്വരൻ നരനും നാരായണനും ഗുരുവും ശിഷ്യനും എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ആത്മാവും പരമാത്മാവും ജീവനും ഏത് ഭാവത്തിൽ വേണമെങ്കിൽ എടുക്കാം ഭഗവാൻ അങ്ങനെ നരനാരായണനായിട്ട് അവതരിച്ചു ആയിരം വർഷം ഒരാള് തപസ് ചെയ്യും ആയിരം വർഷം ഒരാൾ യുദ്ധം ചെയ്യും ഒരു കവചം വേദിച്ചു കഴിയുമ്പോഴേക്കും ഇയാള് തപസ്സിന് പോയാൽ അയാൾ വന്ന് യുദ്ധം ചെയ്യും അങ്ങനെ നരനാരായണന്മാരായിട്ട് തപസ്സനുഷ്ഠിച്ച് സഹസ്ര കവചനെ വധിച്ചു അഹങ്കാരത്തിനെ വധിക്കാൻ അങ്ങനെയാണ് തപസ് അതേസമയം യുദ്ധം തപസ് യുദ്ധം തപസ് യുദ്ധം അനേക കവചങ്ങളുണ്ട് അങ്ങനെ ഒരു കവചം മാത്രമാക്കിയിട്ട് വധിച്ചു ആ ഒരു കവചത്തോടുകൂടിയാണ് അത്ര അടുത്ത ജന്മം കർണനായിട്ട് ജനിച്ചത് ഈ സഹസ്രകവം അങ്ങനെ സഹസ്രകവചനെ വധിച്ച് ഭഗവാൻ ഭദ്രകാശ്രമത്തിൽ വന്ന് തപസ്സ ചെയ്തു അതിഥ്യകാ നരനാരകിര്യോ അന്തർഭവാം ഭവശാ കിബീജം ജജീയത്തെ കശ്ചിത് അഭൗമതേജുജോദയ ശ്രീ നവോവനസ്വാമികളുടെ ബദരീശ സ്തോത്രം നമ്മളുടെ ഒരു ബദരീഷ സ്തോത്രം ഇന്നലെ അവിടെ കുറെ പേർക്ക് കൊടുത്തിട്ട് ബദ്രി ബദ്രിനാഥില് ഭഗവാനെ സ്തുതിച്ചത് അതിൽ നാമസങ്കീർത്തനം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല നാമസങ്കീർത്തനം ബദ്രിന ഭദ്രികേശനെ ചൊല്ലിക്കൊണ്ട് നാമസങ്കീർത്തനമേ ഉള്ളൂ അപ്പോ ഹേ ഭദ്രികേശ കരുണാമയ ദീനബന്ധോ എന്നോ ആരംഭിച്ചുകൊണ്ട് ഉണ്ട് സംസാരദുഃഖഗഹനാ പരിപാഹി വിഷ്ണു അപ്പൊ ബദരീശൻ ബദ്രികേശനായിട്ട് ഭഗവാൻ അവിടെ തപസ്സ ചെയ്തു അവിടെ തന്നെ നരനാരായണന്മാരായി തപസ്സ ചെയ്തു അവര് തന്നെയാണ് കൃഷ്ണനായും അർജുനനായും അവതരിച്ചത് അന്വാചരൻ ഉപദിശന്നി മോക്ഷധർമ്മം ത്ാതൃമാൻ ബദ്രിഗാശ്രമമദ്യവാത്സീഹി ശക്രോതത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യങ്കനാപരിവൃതം പ്രതിഘായമാരം നമ്മളുടെ ഉള്ളിൽ തന്നെ നാരായണനും ഉണ്ട് നരനുമുണ്ട് വിജീവൻ നരൻ പരമാത്മാ നാരായണനുണ്ട് ഇവിടെ ഭദ്രികാശ്രമത്തിൽ ഭഗവാൻ ബ്രഹ്മതത്വം ഉപദേശിച്ചുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും ഭദ്രികാശ്രമത്തിൽ താമസിച്ചു ആ ഭഗവാന്റെ തപോവൈഭവം കണ്ട് ഇന്ദ്രൻ തപസളക്കാനായിട്ട് ദിവ്യാംഗനകളെയൊക്കെ അപ്സരസ്ത്രീകളെയൊക്കെ അയച്ചു അവരൊക്കെ വന്ന് അവിടെ നർത്തനം ചെയ്തു ഡാൻസ് കളിച്ചു കാമദേവനെ കൊണ്ടുവന്നു ഒന്നുകൊണ്ടും അനങ്ങീലിയ കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷവിശികൈ വികസദ് വിളാസൈ വിദ്യൻ മുഹുർ മുഹുരകമ്പം ഉദിക്ഷിതത്വംസ്വയാത ജഗതേ മൃദു എത്ര ചലിപ്പിച്ചിട്ടും ഭഗവാൻ ചലിച്ചില്ല എന്നാണ് കാമൻ എന്തൊക്കെ ചെയ്തിട്ടും അവിടുന്ന് ഭഗവാൻ ചലിച്ചില്ല പേടിച്ചു പോയി അവസാനം കാമൻ രുദ്രനെ ചലിപ്പിക്കാൻ പോയപ്പോ ശിവൻ കുമാര സംഭവത്തിൽ ശിവൻ കോപിച്ചു ഇവിടെ കോപവുമില്ല കാമനെ ഇങ്ങനെ നോക്കിയപ്പോ ദേവന്മാരെ മേലെ നിലവിളിച്ചു കോപം പ്രഭോ സംഹര സംഹരേജീന്നാണ് അപ്പോഴാണ് കാമൻ ശലഭമായി പോയത് ഇവിടെ കോപിച്ചൊന്നുമില്ല യാതൊരു വിധത്തിലും ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നു വിദ്യൻ മുഹുർമുഹുരകമ്പുദീക്ഷതത്വം ബീജസ്വയാത ജഗതേ മൃദുഹാസഭാജ പേടിച്ചു നിൽക്കുന്ന ആളോട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കണ്ട ഭീത്യാലം അംഗജ വസന്ത സുരങ്കനാഭ മന്മാനനംഷം ഇതിബ്രുവാണ നിങ്ങൾ വന്നതല്ലേ അതിഥിയായിട്ട് വന്നിരിക്കുക അപ്പൊ ഞാൻ താമസം ചെയ്യണ സ്ഥലത്ത് പേടിക്കേണ്ട നിങ്ങൾക്ക് ഞാനിവിടെ സമ്മാനം തരാം എന്ന് പറഞ്ഞിട്ട് ത്വം വിസ്മയേന പരിതസ്തുവതാമതീഷം പ്രാദർശയ സ്വപരിചാരകക്ഷീ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ തന്റെ ഊരുഭാഗത്തു നിന്നും തുടയിൽ നിന്നും ഒരു അപ്സരസിനെ സൃഷ്ടിച്ച് അവർക്ക് ഇന്ദ്രനുകൊണ്ട് കൊടുക്കാമെന്ന് വന്ന് കൊടുത്തു ഉർവശി ആ ഉർവശിയെ കണ്ട് കാമദേവൻ മുതലായിട്ടുള്ളവർ പോലും മോഹിച്ചു പോയി എന്നാണ് ദൃഷ്ടോർ ഉർവശിയും തവ കഥാം നിശമ്യശക്ര പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്ത രമണീയ തരാവതാരത്വോധികരത കൃഷ്ണതനുസ്വമേവ നാരായണാവതാരത്തിനെക്കാളും സൗന്ദര്യമുള്ള ഒരേ ഒരു അവതാരമേ ഉള്ളൂ കൃഷ്ണാവതാരം അങ്ങനെ നാരായണാവതാരത്തിനെ ഇവിടെ ഭട്ടതിരി വർണ്ണിച്ചു ഇനി അടുത്തത് ഉള്ള കഥകളൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കാണാം ഇപ്പൊ പന്ത്രണ്ട് ഇരുപതായി ഒരു രണ്ട് അധ്യായം രണ്ട് ദശകം വായിക്കാം ബാക്കിയുള്ളത് വർഷിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം